ിൽ ദിവസവും മഹോത്സവത്തിനായിട്ട് സീപത്തില്ലാപ്പത്താൻ അതിൽ ശ്രദ്ധ വളരുന്ന ഉണ്ടാവില്ല സമ്പൂർണമായ മാർപ്പത്തി ചെറിയൊരു മാർപത്തി ഇപ്പം തന്നെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കാത്തിനുണ്ടാവും വലിയൊരു ചുറ്റവും ഉണ്ടാവും ഇത്തരത്തെ പോവും അപ്പോ അതിനാ തറുപ്പുമായി വരും അനാതാളിക്കാം അന്നാഹുവിനെ സമ്പൂർണമായി സ്നേഹിച്ചു സമ്പൂർണമായി ശുക്രും ചെയ്താൽ അതിനെ തുറന്നുണ്ടാകും ഈക്കുമ്പത്തിന്റെ വാതിലങ്ങൾ കൊത്തിയൊരിക്കൽ നിന്ന് കൽവിക്കൽ നിന്ന് പലതരത്തിലുള്ള എക്കുമ്പത്തുകൾ തന്റെ കൽവിന്റെ വാതിലും തുറന്നിട്ട് ഏഴു അലാതാലിക്ക അല്ലെങ്കിൽ പറയുന്നു അത് മാത്രം പോലാ അതിന്റെ സഹായം വേറെ താഴെ തുടർന്നാണ് ഒരു മേൽമരുന്ന് വെറും മുഹമ്മദ് വെച്ചപ്പോര ഈ കായ്നാട്ടുകൾ മുന്നേ ചഴിഞ്ഞിട്ട് അഹത്തും കൂടി പോണമെന്നാണ് അല്ലാതാണ് അനുസരിച്ച പ്ലാനിങ്ങിനാണ് ജനങ്ങൾ അപ്പൊരത്താവണം എന്നത് അങ്ങനെ സഹായിക്കുന്ന സാധനം അത് ചെറുതല്ല ഇതേനാട്ടില്ല ചിക്കൽ നേടി ഇറങ്ങിയവരുടെ റിക്വെന്റ് പറഞ്ഞിട്ടുണ്ട് മാ നട്ടാൽ കൺപ ഒരു കാര്യവും വെച്ചിട്ടില്ല ഏറ്റവും ഉപകാരപ്രദം എങ്ങനത്തെ ദീന ഈ വജുനത്തുമായി കിടക്കണം മൈതാന സിഖുരത്തിൽ സിക്രത്തിന്റെ മൈതാനിയിലേക്ക് അപ്പൊരു കാലത്ത് വജിലത്തെ അതോടൊപ്പം തന്നെ അവിടെ ഒരു വെറുതെ കടന്നും പോയാ സമയം ചോദിക്കട്ടോ ആ നല്ല സമയം ഉണ്ടാക്കണം ഇത്തുറത്താകുന്ന മൈതാനിലെ കൽവിങ്ടത്തോ എന്നാ കൽവിനി വളരെ പ്രഭാത പ്രതമായ അപ്പളാറുണ്ട് കാക്ക ജനാതീയ ലിക്കുമത്തെന്ന് പറഞ്ഞാൽ അത് വിവാഹത്തിൽ വലാദീയത്തിൽ വിധിമത്താകുന്ന ഉറവിടങ്ങളാണ് വിക്രമത്തിൽ ഞാൻ ഉറവിടം എന്ന് പറയുന്ന കാരണം ഹിക്കുമത്ത് വേറെ ഉറവിടം വേറില്ല ഉറവിടത്തിനോട് ഉപയോഗിച്ചിരിക്കുന്ന ഹിക്കുമത്താണ് അവിടെ ഉണ്ടാവില്ല ഉറവിടങ്ങൾ പറഞ്ഞിട്ടുണ്ട് വണ്ണത്തിന്റെ ഉറവിടമുണ്ട് മരം കണ്ണിന്റെ ഉറവിടം ഉണ്ടാകും അതൊക്കെ ചെയ്യും ഹിക്കുമത്തിന്റെ ഉറവിടം ഉണ്ടാക്കി ബഹുളം ഹിക്കുമത്തി കമ്പ പൊട്ടിയ്ക്കുന്ന ഒരു പൊട്ടലെന്ന് ഒളിക്കുന്നവർ കാണില്ല കല്ലിന്റെ ഉള്ളിൽ ഹിക്കുമത്തിനെ വാഹനാവുക ഏത് ഹിക്കുമത്ത് നേട്ടം നാക്ക് മത്തല്ല നൽമുറാവുക എവിടെ ഹിക്കുമത്തും ഉദ്ദേശിക്കുന്നത് അല്ല അപ്പുറുകൾ പോവും അള്ളാഹുവിനെ പറ്റിയുള്ള അക്സരാറുകളും അതിന്റെ മാനിഫത്തുകളും അവിടെ അതെല്ലാം സന്ദരിച്ചു ജയിക്കും ഈ നർക്കരാജ് ചെയ്യുന്നു റദ്ദും നിരക്കും നസാബി ചിന്തി ചെയ്യുന്നുള്ള ആ പദവിയിൽ പദവിപ്പറ്റി ഭാഗത്താണ് നൃത്തങ്ങളായ ആളുകളുടെ സ്വന്തത്താല കൊടുക്കുന്ന അവരുടെ പദവിപ്പറ്റി ബാറത്താണ് ഇന്നലെ അവരുടെ കക്കേരി കാണാം എന്താ അൽ മുറാബ് എന്നീ മക്കാനത്തിൽ മക്കാനിന്റെ ഇന്ത്യ എല്ലാം ഉദ്ദേശിക്കുന്ന മക്കാനത്തിന്റെ ഇന്ത്യയാണ് മക്കാൻ എന്നുള്ള സ്ഥലമുണ്ട് ആ സ്ഥലമെല്ലാം ഉദ്ദേശം മക്കാനത്ത് പക്ഷേ ഉന്നതമായ പദവി എന്നുള്ള ആ പദവി റബ്ബിന്റെ ആണ് എന്ന് പറഞ്ഞാൽ റബ്ബുമായി ബന്ധപ്പെട്ടതാണ് അതിൽ വലിയ കുറുപ്പ് നാല് പെയ്യോ അതിലാണ് നാല് പെയ്യായോ കുറുപ്പ് കൊണ്ട് വേരുവേ കൃഷിയായ കുറുമ്പ് മെദിസാവിനോട് ഈ കാറിന് അടുത്തിട്ടുണ്ട് കൃഷിയായ കുറുമ്പാണ് അതല്ല ഉദ്ദേശം മാനവികയായ കുറുമ്പ് ഇണ്ടാവും മറ്റാന്റെ ചിത്രം എന്നുള്ളത് ഒരു പദ്ധതിയുടെ പേരാണ് അതുകൊണ്ട് നമുക്കൊരു ചോദ്യമാണ് അപ്പൊ എങ്ങനെയാണ് ചിന്തിക്കാൻ പറഞ്ഞത് നീങ്ങേണ്ടത് ഒരു ലേര് പറഞ്ഞിരുന്നു കുറെ ആളെ കണ്ണിങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക ആവശ്യപ്പെട്ടാലുള്ള അവസരം കിട്ടാൻ ഇല്ല ആ കിതാബ് ഉണ്ടാകുന്ന അതൊക്കെ ആവുമില്ല വൻ്നത്തിലുള്ള ശൈലം നിൻദിക്ക അതിൽപ്പെട്ട കുറച്ച് ഞാൻ പറഞ്ഞുതരാം നിൻ ദസായിച്ചിൽ നിൽക്കുമ്പിൽ ന്യൂസിലെത്തി ഇതല്ല ഇബാദത്തിൽ വിഷുത്തി നിന്റെ വിഭാഗത്തിലേക്കും സ്വത്തുരിലേക്കും നിന്ന് ചേർക്കുന്ന തരത്തിലുള്ള ദസായിച്ചിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ആ മുട്ടിന് വരാതായി അതിന്റെ മേലെ തുറന്നുണ്ടാകും തപർജ് എന്നാൽ എനിക്ക് മത്തി തെക്കുമത്തിന്റെ ഉറവിടങ്ങൾ പൊട്ടിയിരിക്കലും അതിന്റെ പറഞ്ഞല്ലോ മറ്റീപും പറഞ്ഞതും എല്ലാ വിരാമ കൊൽക്കത്തി അജലിഹി എന്നാണ് ഏത് അത് മൂന്ന് സ്ഥലത്തിൽ ബാധത്തി വിശുദ്ധി എന്ന് പറഞ്ഞത് വളരെ കുറിച്ചുള്ള സഹത്തവർ സഭ അലാതാലിക്കും പറഞ്ഞാണ് അലാ സഹോദര അലാമി മുസ്റ്റുമതി എന്ന് പറഞ്ഞത് പിന്നെ <lad> ീ നത്യാദിഷ്ടക്ക് നിന്ദ വർദ്ധിക്കാന്ന് പറഞ്ഞതാണ് വഴക്കൂർ നിനന്നായിട്ട് പറഞ്ഞത് ഞാൻ കൂടുത പറ നിങ്ങളുടെ ശരീരം കഴിയുന്നുണ്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്റെ ബസീറത്തോട് ചിന്തിക്കുന്നില്ല ഇവിടെ കണ്ണിന്റെ കാഴ്ച എല്ലാം ഉദ്ദേശിക്കുന്നു കണ്ണോട് കഴിക്കുന്ന കണ്ണോട് കണ്ടതാകില്ലല്ലോ ഇവിടെ ബസീറത്ത ചിന്തിക്കും നീ ഇത നുത്ത നീ ലോക്ലാണെങ്കിൽ നമ്മുടെ തലസ്പെക്കാൻ നിന്റെ സിഷ്ടത്തിന്റെ അവസ്ഥ പ്രാരംഭം എങ്ങനെ നീ ഒന്ന് സുബാനവും മിന്റെ അവനുണ്ടാക്കി വജത്താക്കി രണ്ട് ഭക്തരും ആണ് എന്ന ഭക്തര് നാലൻ രണ്ടാം ഭക്തർ ഇതുപോലെ നിന്റെ വബ്ബിനെ നീ എത്തിക്കും എങ്ങനെ എത്തിക്കും ിരക്ക ഇന്ന മാതാപിതാക്കന്മാർ അല്ലാതെ തല കുടുക്കി വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പല എങ്ങനെ എൻ ഡി സി മഹാബിഷേ സഹബത്താകുന്ന കാലിട്ടിട്ട് മൂക്കുകയറിട്ട് കുടുക്കി വെച്ചു രണ്ടാൾ റണ്ട് അടുപ്പിച്ചു ആദ്യം തുടക്കാറില്ല അതിൽ തന്നെ മക്ഹൂദീന അവര് മക്ഹൂറിങ്ങളാണ് ഈ സോളത്തിൽ മുക്താദങ്ങൾ ആദ്യ സോളത്തിൽ മുക്താദീകൾ ലാഹലിന് വേറെ ഒന്നും പണ്ടാണ് ഇന്ത്യയിലെല്ലാം മുസ്താരങ്ങളാണ് ലഹലുണ്ട് സൂറത്തിൽ പ്രത്യേക ഉള്ളിൽ നൂര്യങ്ങളാണെന്നാണ് ലോകത്തിന്റെ എല്ലാ ചിന്തകളും ഞാൻ ഉണ്ടോ അല്ലാത്ത നോക്കിയിട്ട മമ്പയെ തുടർത്തി നോക്കാം നഫ്സ് കൊണ്ടാണ് തുടങ്ങുന്നത് ആകാശ മൊബൈൽ തുടങ്ങിക്കൂടെ അതിനെ വന്ന ആകാശ മൊമ്പയിലേക്ക് പോകണേ കുറച്ച് പണിയധികം നക്സാ മന്ത്രിയെ അക്റബപ്പുമാണ് മാത്രമല്ല ലോകം മുഴുവൻ ഇതിലത്തുണ്ടാകും ലിയന്ന അക്റബുല്ലിയായ ചക്സി ഒരു വ്യക്തിയിലേക്ക് ഏറ്റവും അടുത്ത വസ്തു സ്വന്തം ലപ്സാണല്ലോ അപ്പം പിറ്റൊന്നെടുപ്പുണ്ട് മാത്രമല്ല വലിമാ വറത അതായത് അതിന്റെ തൈരീര തുടങ്ങാനുണ്ട് ഇത് ദലീലാവാനുണ്ട് വലിമാ വറത മണ്ണഹു അറപ്പ റബ്ബു എന്ന ഒരു തഴുപയപ്പെടുന്നുണ്ട് അത് ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ആ ടങ്ങിയ അത്യത്ഭുതപരമായ കാര്യങ്ങളിൽ ഒരാളെ ചിന്തിച്ചാൽ അതാണ് മൺഅർപ്പനു അർത്ഥം ഇഷ്ടതല്ല വിഹാര പാലിക്കുക എന്ന് സൃഷ്ടിച്ച പാലിക്കിന്റെ മേലിൽ അത് മുഖേന വെടിയിൽ കിട്ടും എന്നതാണ് അർഹനബൂല്യമായ മക്കുഹൂദീന ബി ബാസീലൻ എന്ന് പറഞ്ഞ ബാസീൻ അവർ മക്കുഹു പിന്നെ മുക്താരിങ്ങളായ സൂറത്ത് എന്ന് പറഞ്ഞാൽ നാഹുൽ മുക്താരികളുമാണ് ലാഹരിൽ മുക്താണോ അതോടൊപ്പം തന്നെ കമാമിൽ ബസ്സി വല്ലും അവരെ തമ്മിലും അങ്ങേക്കത്തെ ഉൻസും ബത്തും അങ്ങോട്ടൊക്കെ പരസ്പരമുള്ള സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സന്തോഷത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അള്ളാഹുസാൻ അവരെ കൂട്ടിയെളിച്ചത് വളരെ അക്കം ി ഈ സ്ഥലത്ത് തന്നെയുണ്ട് അസുറ അസുറാറുണ്ടീപീബായ അസുറാറുണ്ടി ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ അതിനെ ഉൾക്കൊള്ളുന്നത് ആരാണെന്നറിയോ അറബാപുരി കസ്റ്റി കസ്റ്റിന്റെ അറുബാബിങ്ങൾക്ക് മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ അത് തന്നെ മീൻ ആയിരില്ല ഈ കാല അന്താപുര അരിവാറക്കൂട്ടത്തിൽ നിന്ന് അതിലെന്ന് വെച്ചാൽ ബാജിമക്കളൊന്നുമല്ല അന്താന മഹിന്ദികളും അതെന്താ അത് അസലാട്ടുന്നില്ലേ നിൻഹ അതിൽപ്പെട്ട ഒന്ന് അവനെ ഹലീഫയാക്കിയിരിക്കുന്നു ഈ ഒരു പറഞ്ഞിനെ ഇവിടെ ഉണ്ടാക്കി തീർക്കുന്ന വിഷയത്തിൽ അതെ മാതാപിതാക്കന്മാരെ ജാതവു എന്ന മാതാപിതാവ് ഇപ്പോഴത്തെ ഓരോക്കാം ഈ വ്യക്തി ഈതാകുന്ന വ്യക്തിയാകുന്ന ഈ പുറബിനെ വിഹാരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹത്തോമിയിലുള്ള കലീഫ് വർക്കണല്ലോ അതല്ല ഇത് അറിയിച്ചിരിക്കുന്നു മഹാതായി മഹദ്ബത്തിന്റെ അസുലിയ സ്വാതിരത്തിൽ നിന്ന് അന്താഹു സുബാരമുള്ള അസുലീയാ മഹദ്ബത്ത് കാരണം ഇവനെ ൂമിയിലേക്ക് ഒരു പർതായം സൃഷ്ടിക്കണമെന്ന് ഉദ്ദേശിക്കലെ നമ്മളോടുള്ള ആണല്ലോ അങ്ങനെ ഋജിബായ കുറയാൻ വന്നില്ലപ്പോ തീരെ പടക്കാനും ഇരിക്കാനും പടക്കാനും കൈവണ് സെന്റിന് കടക്കൽ എന്നത് അല്ലാത്ത ഒരു മഹബത്താണല്ലോ അല്ലാതെ റിജിബാഗാണ് കടക്കം വന്നെന്താക്കമാതുവാക്കാൻ നബാത്തുവാക്ക അബാദുവാക്കുക ബുദ്ധിജീവിയാ ബുദ്ധിജീവി എന്നുള്ളത് മറ്റൊരു മഹബത്താണല്ലോ അങ്ങനെ പോകുന്ന പടിപടി അബസ് അസലീമായ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അല്ലാത്തെ അല്ലാഹുവിലേക്കുള്ള ഒരു മഹബ്ബത്ത് ൻഇൻ റആദ ഖൽഖൽ ഹൽഫി പടക്കുക കൊടുവനം പടക്കാൻ ഉദ്ദേശിച്ച അവസരത്തിൽ അല്ലാഹത്തോ മഹബ്ബത്ത് ഉണ്ടായിരുന്നു അബനെ മഹബ്ബത്ത് മുഖേന പടക്കാം പടക്കല്ല എന്നതിനെ ഒരു ഇഷ്ടണ്ട് യശഹദു ലഹു അദിനെ સાചം വഹിക്കും ഹദീസൊരു ഹദീസ് കുന്തു ഖൽദ മഹിയൻ ഫഅഹബബതു അൻ ഉറഫാ എന്ന ഒരു അറീത്ത ഞാന് മറച്ചുവെക്കപ്പെട്ട നിധിയായിരുന്നു എന്ന് പറഞ്ഞ നിധി പോയായിരുന്നു നിസ്റ്റത്തിന്റെ വാക്കാൻ നിധിയിൽ ഒരുപാട് പോളുണ്ടാകും അതിനെന്തല്ലാന്ന് സൂക്ഷിപ്പുള്ള അതാരും അറിയാതെ മൂടിക്കിടക്കിയത് എന്നല്ല നിലയ്ക്ക് അള്ളാഹു എന്നുണ്ട് ഉദരത്തുണ്ട് എൽമുണ്ട് ഇതാദത്തിന്റെ പലതരത്തിലുള്ള സിഫാസങ്ങളെ കൊണ്ട് ഇങ്ങനെ അതിട്ട് അവൻ അറിയുന്നില്ല ആദ്യം ഒരാരിഫായ മഹനൂക്കിനെ പഠിച്ചെങ്കിലല്ലേ അറിയപ്പെടുന്ന അറൂഫാവുള്ളൂനീ ഇല്ലെങ്കിൽ അല്ലാതെ മാത്രമേ നടത്തുമല്ലോ അങ്ങനെ എടുക്കുന്നുണ്ടോ ആ നിധി പോലെയും ആ നിധി പുറത്തെടുക്കലാണ് ഏതെങ്കിലും അതിന് വെളിപ്പെടുത്തൽ അപ്പോ ആ ഇങ്ങനെ ഹാരിക്ക് എന്നുള്ള തിരീണമെങ്കിൽ ആദ്യം ഒരാരിഫായ പഠിച്ചുണ്ടാക്കണം അപ്പൊ അഹബബൊത്തു ഞാൻ ഇഷ്ടപ്പെട്ടു അതല്ല അതാണ് അഹബത്ത് അൻറ റഫ നാൻ മാ അറുഫാണും എന്ന നിഷ്ടം അന്നല്ല അർഗ്യണം അദഫ ഖലഖുത്തുൽ ഖൽഖനാ ബർഫന പടച്ചതാണ് അപ്പോൾ പടക്കം തടങ്ങൽ എന്നതുതന്നെ അല്ലാഹുവിനെ mohabbatina ടടമന്തുണ്ടായതാണ് തോന്നുന്നു അലിനാരിഫായ വറഫായിക്കും വണം ഫ ഖൽഖു അതുകൊണ്ട് എല്ലാ സൃഷ്ടികളും നാഷീഉന മിനൽ mohabbat അല്ലാഹുവിനെ mohabbatനാൽ മുലൈൈത് ജനമേടതുവര തുടക്കത്തിൽ തന്നെ നിങ്ങോട്ടും അവിടെ നിങ്ങോട്ട് അമ്മാനും അഹമ്മത്തും ഇല്ലെങ്കിൽ പിന്നെ നടക്കാനാണു പറഞ്ഞത് നിങ്ങളെ തുഞ്ഞാവൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് മൂന്നെണ്ണ്ട് നിങ്ങൾ തുഞ്ഞാവലിന് പലതു ജനിക്കുന്നില്ലേ നിങ്ങൾ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ നിന്ന് എനിക്ക് പ്രിയപ്പെട്ട മൂന്നെണ്ണയുള്ളൂ എന്നാണ് എന്താണ് അന്ന് അ നിസാബു വ ജലത്ത് കുറച്ചു വരെ മൂന്നെണ്ണ ഒന്ന് നിസാൽ നിസാൽ എന്തുകൊണ്ടാണ് ഭാര്യമാരെ സ്നേഹിച്ചെങ്കിലല്ലേ അതിൽ കൂടിയല്ല സന്താനോൽപാദനം ഉണ്ടാവുന്നുള്ളൂ അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു ഹൽക്കിന് ജന്മം കൊടുക്കുവാനുള്ള വാസ്യത്തിയാണ് ആ രുപ്പ അത് നടക്കണമെങ്കിൽ ഭാര്യ ഭർത്താവും ഭാര്യയും ഭർത്താവും നമ്മൾ നസ്ങ്കിൽ ഇപ്പൊ ആ സംഘടനപ്പുറം ഒന്നും നടക്കൂലല്ലോ ഓരോ വൈരാഗ്യത്തിലും നടക്കില്ല പിന്നെ സീബ് സുഗന്ധം പിന്നെ അപ്പൊ ശരിക്കും നേർക്കുനേര തുഞ്ഞാബല്ല തുന്നാബിലെ സാധനം തന്നെ പറയാനുള്ളൂ തങ്ങളിലേക്ക് ചേർത്ത പണ്ട് ഈസാബില് മോദിയിട്ടുണ്ടത് പിന്നെ എന്റെ കണ്ണുകൾക്കുന്നത് നിസ്കാരത്തിലാണ് ഹാലിക്കുമായിട്ടുള്ള പ്രത്യേക പഠത്തിൽ എനിക്ക് കണ്ണുകൾ ഉറുക്കലുള്ളൂ എന്നാണ് കുറച്ചില്ല അവിടെ സ്നേഹത്തിനാക്കണ കവിഞ്ഞ മേലേറ്റമാണിത് പുറത്തില്ല ഇത് ഇസ്കാരത്തിലാന്നുണ്ടോ അസുലിയ മഹബത്തിന്റെ ഒരു അംശാബുക്കൽ ചെയ്യുന്നത് പടത്തിനെ പടക്കണം എന്നുള്ള മഹബത്ത് അള്ളാഹു താലുണ്ട് അതാ പറക്കുന്നു അല്ലേ അതിന്റെ ചെറിയൊരംശം ഭാര്യവർത്തക്കന്മാർ അദ്ദേഹത്തിൽ ഒരു മഹബത്ത് ഇട്ടുകൊടുത്തല്ലേ നമ്മക്കൊരു കുട്ടിയുണ്ടാണെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാവർക്കും ഇത് കുഞ്ഞിക്കാല് കാണണം ഒരു കുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന എന്തോണ്ടെന്ന് അമ്മ അമ്പത്തന്നെ അല്ലേ അപ്പൊ ഇത് ഹാരിട്ടായാണത് പക്ഷേ കഥയുമായ എനിക്കൊരു പടപ്പ് ഉണ്ടാകണം ഞാൻ അറിയപ്പെടണം എനിക്കൊരു കുട്ടിയുണ്ടാകണം എനിക്ക് ദ്വാരക്കുന്നവനോ നല്ല അലിമു ആവണം അല്ല കാലിക്കിഷ്ടപ്പെട്ട മുഖത്തെ മറ്റൊരു ഇഷ്ടത്തിൽ ഇവിടെ ഉണ്ടെന്ന് പക്ഷെ ഒന്ന് ഹാരിട്ടാണെങ്കിൽ ഒന്ന് കഥയും മതി ഒറിജിനലി ഇത് ില്പന ചേരക്കാവുന്ന കാലല്ലേ അപ്പൊ എനിക്ക് ഏറ്റവും പരീങ്കരമായത് നിസാഹാണ് പക്ഷെ സ്ത്രീകളുടെ കാലത്ത് തങ്ങൾ പ്രത്യേക ഊന്നി പറയും അത് മൊത്തത്തിൽ ഇട്ടാൽ അല്ലെങ്കിലും നിസ്സാകുന്നവർ തങ്ങളെ ഭാര്യ മാറുവാകാം അതിൽ കൂടി തങ്ങളിക്ക് ഉണ്ടാകുന്നവർ ജന്മം കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമില്ലത് അപ്പൊ നിങ്ങളെ കുഞ്ഞാവിന് ഇത് തുഞ്ഞായിപ്പെട്ട സാധനമാണ് ഇതെല്ലാം പക്ഷെ നിങ്ങളെ തുഞ്ഞാവിന് നിങ്ങൾ എടുക്കുന്നൊന്നും ഞാൻ എടുക്കുന്നില്ല അർത്ഥത്തിന് അല്ലെ ഈ ക വിശാലമായ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുഞ്ഞാക്കും നിങ്ങളുടെ ഓല ഇസ്ലാമി എന്തിനാണ് നിങ്ങൾക്ക് എടുക്കുന്ന തുമാവില്ല അത്യാ മൂന്നെണ്ണ ഞാനെടുക്കുന്നുണ്ടോ ഭാസ് എനിക്ക് അത്ര ഇഷ്ടകരമല്ല ഈ മൂന്നെണ്ണ എന്റെ കുറവില്ല അതിന് സ്ഥലത്തില്ല പിന്നെ ഹസരൽ അങ്ങനെ അവിടെ നടന്നു ആ നടന്നപ്പോൾ സൂചിച്ച് വെച്ചിരിക്കുക അത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഈ കരാറിമാക്കി സൗകര്യപ്രദമായ ഒരു കറാർ കരാർ ഏതാണ് താമസസ്ഥലം ഗർഭാശയം അതാണ് ഉദ്ദേശിക്കുന്നത് കരാറുമാക്കി ബഹുബർവാഹമോ അതാ ല്ലേ കലക്കത്തിരുത്തൻ ഉപ്പത്ത അങ്ങനെ ഗർഭാശയത്തിനത്തിനു തുപ്പത്തിനെ അള്ളാഹു താല സൃഷ്ടിച്ചു അലക്കത്തൻ പിന്നെ അലക്കത്താക്കി മാറ്റി ചുമ കലക്കൽ അലക്കത്ത മുളുകി മാറ്റി ചുമതിനെ കൊറച്ചും കൂടി വ്യാപ്തി മുറ്റി നേരത്തെ ചെറിയ ഒരു ട്രോപ്പ് ആണെങ്കിൽ മുളുക എന്ന അവസരത്തിൽ എത്തിണ്ടാകെ ഒരു വായ ചവക്കാവുന്ന വായുനിറയിൽ ചവക്കാവുന്ന ഭാഗത്തെയാണ് മുളകത്ത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കൈപ്പുടിയിൽ ഉച്ചവുന്ന വിരുപ്പത്തിനാണ് മുളകത്ത് എന്ന് പറഞ്ഞു വായന ഉണ്ടെന്ന വിലിപ്പോ ചതങ്ങല്ല മതകെത്ര അത്ര അപ്പൊ ഏകദേശം ഒരു നെല്ലിക്കുന്ന വിരിപ്പോ വയല അറബിന് വ്യോമ നാൽപ്പത് ദിവസത്തിന് ശേഷം അതുപോലെ അഴക്കത്തിന് മുളകത്താക്കും കഥാലിക്ക് നാൽപ്പതിനു ശേഷം പിന്നെ അതിന് മദ്ദ അതിനെ അള്ളാഹു ആക്കിയിരിക്കുന്നു ഈ അഹസനി സൂറത്തിൻ്റെ ഏറ്റവും മെച്ചമായ സൂറത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പുറം ഏറ്റവും മെച്ചമായ സൂറത്ത് എന്നെക്കാണ് മെച്ചൊന്നും ഇല്ലാന്നല്ലോ അവർ അതുകൊണ്ട് മലായിക്കത്തിന് പോലും അള്ളാഹു താല കോലം വായ്പ കൊടുക്കുന്നില്ല തൽക്കാലത്തേക്ക് മനുഷ്യന്റെ മതത്തിലേക്കല്ല കൊടുക്കുന്നു വേറെ കന്നാലികളൊന്നും പോലും മറന്നില്ലല്ലോ അപ്പൊ മലായിക്കത്തിന്റെ തൽക്കാലം വായ്പ ഉണ്ട് ചമിയാൻ പറ്റിയ അല്ലെ അതിനകത്ത് ആശ്രമം ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ ഇനി ഒന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബീസുള്ള അലി വസ്ല്ലാം അത് തങ്ങൾക്ക് കൊടുക്കേണ്ട കോളെ മെസിന്റെ കൊല്ലം തന്നെ കൊടുക്കും വേറെ പശു കൊടുക്കും കൊടുത്തിട്ടില്ല അതിനെ മനസ്സിലാക്കല്ല എല്ലാത്തിനും ഉന്നതമായ കോല കൊടുക്കുമ്പോ തങ്ങൾക്ക് കൊടുത്തും ബസുചേത്തിന്റെ കൊല്ലം തന്നെയല്ലേ മെച്ചമായാണ് ആ എല്ലാം പായിച്ചില്ല എല്ലാം പായിച്ച് മദ് സുമ്മ മദ്ദസമാണല്ലോ ഈ അലക്കത്തും മുതകത്തിനും അല്ലേ മദ്ദാക്കിയത് അതിന് തസ്വീറാക്കിയാണ് തല വേറെ കെയ് വേറെ കാല് വേറെ എല്ല് വേറെ എല്ലാത്തിനും ഇനങ്ങളെല്ലാം ആക്കിയല്ലേ എല്ലിന്റെ ഉറപ്പല്ലല്ലോ കൈകാലും മറ്റേ മാംസത്തിനുള്ളത് എന്തെല്ലാം അജയ്പാണ് എല്ല തലയിലാണുള്ളത് പഞ്ചന ഉൽപെട്ട് അഞ്ചും ഉണ്ടല്ലോ ഇവിടെ മുഖത്ത് കൗത്തിരി വിൽപ്പൊട്ട് ഗുജറാത്തിന്റെ എല്ലാ മഹന്റെ ഇവിടെ തന്നെയല്ലേ ഉള്ളത് മസ്തിഷ് കടക്കം പിടിച്ചു നോക്കിയാൽ എല്ലാവരും ഇവിടെ തന്നെയല്ലേ കച്ചനേൽപോട്ടാണല്ലോ ഇവിടെ മുഖത്തിനെ അള്ളാഹുക്കിയത് ഈ അഹസനി സൂറത്തിന്റെ ഏറ്റവും മെച്ചമായ സൂറത്തിലാണ് അള്ളാഹു താൽ നിക്ഷേപിച്ചിട്ടുണ്ട് പിന്നെ ജമാലി ജമാലിനാൽ ആരും മുഖം നോക്കി കാണില്ല മങ്കി തീരുമാനിക്കുന്നു കമാലോ പഞ്ചന്യങ്ങൾപ്പെട്ട അഞ്ചു ഇദ്രാഖിന്റെ അഞ്ചു വരണ്ട് മുഖത്താകുണ്ട് പ്രധാനപ്പെട്ട കണ്ണ് കാത് മൂക്ക് ഗുജറാത്തിന്റെ അഞ്ചും ഉള്ളത് ഇനി ബാത്തിന് ഞായ അക്കലും പറഞ്ഞൊരു വസ്തിഷ്ഠവുമായി ബന്ധപ്പെട്ടു അതും തലയിൽ തന്നെയാണ് അപ്പൊ തലയെടുത്ത മനുഷ്യന്റെ എല്ലാം അതൊന്നും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല സുമ്മാവുക പിന്നെ ബസറിനെ ഉള്ളു ആൾക്കാർ നിക്ഷേപിച്ചത് കണ്ണിലാണ് ബസർന്നതിനെ കാഴ്ച കണ്ണ് നല്ലത് അതിന്റെ മഹലാന്ന് കണ്ണിലാണല്ലോ ബസറുള്ളത് അങ്ങനെ ഒതിലില്ല വെച്ചത് ഷമ്മിനെ വെച്ചത് അമ്പിലാണ് പിന്നെ അപ്പൊ പഞ്ചപ്പെട്ട അഞ്ചു എത്ര നാലല്ലേ എന്ത് സംഭവിക്കും രണ്ട് ചുണ്ടുകൊണ്ട് അതിന് ഭംഗി കുട്ടി നാവിനെ പടച്ചിട്ട് ഉരിച്ചറിയാന്നുള്ളതൊക്കെ ആ നാവിലെ വെച്ചാൽ മതി കൽിലേക്ക് വേണ്ടത് വന്നിർന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തറിയിച്ചു കൊടുക്കണമെങ്കിൽ നാവാലിന്റെ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ കൽബിന് എന്ത്ണ്ടെന്ന് ആര്ക്ക് എന്തറിയാൻ നീവിൽ ട്രാൻസ്ലേറ്റ് അപ്പൊ നാവിൽ തന്നെ എന്തെല്ലാം മൾട്ടി പെർപ്പസ് ആണ് ഒന്ന് രുചി അറിയത് പിന്നെ ചവക്കുന്ന അവസരത്തിൽ ഭക്ഷണങ്ങളൊക്കെ ഇളക്കി കൊടുത്തിട്ട് നേരെ ലെവലാക്കി കൊടുക്കരുത് മറ്റൊന്ന് സംസാരിക്കരുത് എന്തെല്ലാം കാര്യങ്ങളും ഇത്തറീമോ ആ നാവാണ് തറച്ചുമോ ചെയ്യുന്നത് അമ്മാഫി മനസിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിനെ തുടർമാറപ്പെടുന്നത് നാവ ിനാലും മഹാരിഫിനാലും ഓരോ മഹാരി സ്വഭാവത്തല കൽബിലേക്ക് ഇറക്കി തരുമ്പോൾ ഇത് വേറൊരാക്ക് വന്നുകൊടുക്കും ഒരു വായുമണ്ഡലത്തിൽ കൂടി ഇങ്ങനെ ശബ്ദതലങ്ങളിലാക്കി ചെവിരുള്ളിലേക്ക് എത്തി ചെവിരുള്ളിയെക്കുറിച്ച് സ്വന്ധിച്ചിട്ട് കൽപ്പിനുള്ളിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ പറയുന്നത് പ്രത്യേകമായ ഉലോമുള്ള അസുരാറുവാണെന്ന് എങ്ങനെയാണ് ബുദ്ധിമുട്ടുന്നു ചെക്കാണ് ഇങ്ങനെ പറയുന്നത് മാത്രമല്ലേ അതിനും സഹുമതിട്ട് ഈ വാറത്തിട്ട് വാറന്നാകോട്ട് കിണി ബാറത്തിട്ടിട്ട് ഇലുമക്കിന് പുറത്തേക്കൊണ്ടിരുന്നു അത് വായുമണ്ടത്തിൽ കുറെ ചർദ്ദരം കാണുന്നു അത് കാതിലേ കൊടിക്കേണ്ടിട്ട് വേറൊക്കെ മൂന്നിലേക്ക് തിന്നു എന്തായത് അറിഷ് ശരീരമാകുന്ന ഈ ലോകത്തിന്റെ അറസ് തലസ്ഥാന നഗരിയാണ് ഈ തല ഈ തലയെ വഹിക്കുന്ന സാധനമാണ് കേഴുത്തി അപ്പൊ അറിഷ് എന്നുള്ളത് മുഷബ്ബഹിന്നുബഹി ബിഹി ആണ് അറിഷ് റൈസ് ആണ് മുഷബ് അപ്പൊ റൈസിന് അരസിനോട് തശ്മി ഹാക്കി നിലപ്പത്ത് കൊടുത്തതാണ് അപ്പൊ അരിഷ് പോലെ കശ്ബി ഹാക്കപ്പെട്ട റൈസ് അതെന്താ അരസിനോട് അശ്വിക്കാനുള്ള വജു എന്താണ് മഹാസിൽ എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷഭാഗം അരസിന് ഉന്നതി ഉണ്ട് എത്തിപ്പായം ഉണ്ട് എത്തിപ്പായ ഒരുക്കുന്ന വ്യത്യാസം ഒന്ന് മാനവിയാക്കും സാധാരണ പറഞ്ഞു വസ്തിഷ്ഠെന്ന് തോന്നി അതെന്നുള്ളത് അരസിനോട് തശ്മാക്കാനുള്ള കാരണം അതിന്റെ വജുഹിയൻ അത്യത്ഭുതകരമായ ഹൊ അതിന് സംവിധാനം ചെയ്തിട്ടുള്ളത് അതിൽ അമ്മിട്ടുണ്ട് അൽ മംഫൽ വാസില എന്നതിന് ഈ അക്രമത്തിൽ അൽ മംഫദൽ എന്നുള്ളത് മൂസിലൂസിലെ ചേർക്കുന്നതായ ഒമ്പത് ഇനി അനുഭവം അൽമൂസിൽ അഖില ആ അഖിലിനെയും സൊറുബിനെയും മാഗത്തിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള അന്നനാളം എന്ന് പറയുന്നതാ ബാലലിട്ട സാധനം ബാക്കിയൊക്കെ എത്തിക്കണമെങ്കിൽ അന്നനാളം പട്ടേപ്പാ ഈ അന്നനാളത്തിന് എന്താ എവിടെയാ പറ്റിയത് ഈ അന്നനാളത്തിന്റെ ഉള്ളിൽ പെരിസ്റ്റാസിറ്റം ഉണ്ടാക്കിയതാന്ന് ഈ ഐ എൽ എന്താന്ന് പറഞ്ഞ പറച്ചലി സുഖ ഡോക്ടർ ഡോക്ടറും കൂടിയാണല്ലോ നമ്മൾ താടിക്കും സ്തംഭിച്ചു അസാധികളൊക്കെ വിശദീകരിക്കുന്നു തൊണ്ടക്കൊരു സാധനം ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കര വെടിവെപ്പ നേടിയും പെരുവരിപ്പില്ല എന്തുകൊണ്ട് എന്തെങ്കിലും സാധനം ഇട്ടാൽ ഒന്നിക്ക് ഇങ്ങോട്ട് വരണം അങ്ങോട്ട് പോകണം അവിടെ തടഞ്ഞു വന്നാൽ തണ്ടത്ത് കുടിച്ചാൽ പിന്നെ വളം ഓടിപ്പോലെ ആ ശ്വാസനാളം കഴിച്ചാൽ പോലോ കണ്ടത്തിഞ്ഞ പോയാലും ഒറ്റം വലിയ ഭയങ്കര അവിടെ ഉണ്ടാക്കുന്നു ഈ കൊഴുത്ത നീരും ഉണ്ടാക്കി തന്നു അത് വികാസം എന്ന് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിയല്ലോ വാങ്ങി ഇങ്ങനെ ആക്കും ഈ പേഴ്സ് നിൽക്കുന്ന ഇങ്ങോട്ട് ഇങ്ങോട്ട് പുതുക്കി പുതുക്കുന്ന അവസരത്തിൽ ഇത് ഇങ്ങോട്ട് തള്ളിയല്ലോ തള്ളുമ്പഴക്കി ഇവിടെ നിന്നുണ്ടാവുമ്പോൾ വികസിക്കുന്നു അത് വാങ്ങാം ഇങ്ങനെ പല തവണകളായിട്ടാണ് അവരിങ്ങനെ പോകുന്നത് നേരെ കോഴയിലേക്ക് വെള്ളവിച്ചത് ഒറ്റ പോക്കല്ലെന്നു ഈ വെഴുന്നിനോടുകൂടി ഈ അമർത്തലോടുകൂടി ഇവിടെ അമരുമ്പോൾ ഇപ്പ്രകസിക്കരുത് ആശ്വാദം ഇവിടെ അമ്പരുമ്പോൾ അപ്പഴും വികസിക്കും മറ്റേ അവിടെ അമർത്തുമ്പോൾ ഇപ്പ്രകിച്ചു ഏത് ഏതെങ്കിലും പടിപടി ആയച്ചാന്ന് ഭക്ഷണം തള്ളിക്കൊണ്ട് പോകും എങ്ങനെ സീസൺ സംവിധാനത്തിന്റെ പേര് ിലെന്താ ഉള്ളത് മിനൽ അസാരി ചെറുകുടലി വങ്കുടൽ രണ്ടുതരം കൊടലാണ് മസാരി ഇനി രണ്ട് കുടലിന്റെ സാധനം ഒന്ന് ചെറുകുടലാന്ന് ഒന്നും വങ്കുടലാണ് ചെറുകുടലുണ്ടായത് അത് അങ്ങനെ ചുറ്റിങ്ങനെ ആക്കി പിടിച്ചിട്ടുണ്ട് മൂസിലന്ന് പറയുന്ന അവസരത്തിൽ അല്ലെങ്കിൽ അക്കിലേല് വേണ്ടി എന്നാ ഞാൻ ഇതാസം എന്താ ചോദിച്ചേ അക്കിലിനെയും സുറുബിനെയും അച്ചിലിനെ ശുഭിച്ച മരുക്കൂലിനെയും അഷ്റുബിനെയും നഷ്ടം കൊടുക്കണം അക്കിൽ എന്നുള്ള നഷ്ടമല്ലേ ഇപ്പാ മുക്കൂലും അഷ്റുബുമായ വസ്തുക്കളെ മാഗത്തിലേക്ക് എത്തിക്കാനുള്ള കുഴലൂടെ ആവശ്യുകൊടുത്തിരിക്കുന്നത് പിന്നെ കൽബിനെ എന്നോ അവസാര ഉണ്ണിപ്പറച്ചു ഉസ്മാനിയാ ഉദ്ദേശിക്കുന്നു പിന്നെ കപില് കരള് അങ്ങനെ മറ്റു പലതും ഹീക്കത്തോ ഇല്ലാഹോ ആ ഓരോ സാധനത്തിന്റെ ഹകീക്കത്ത് എന്ത് നന്നാവുന്നില്ലാണ്ട് അറിയണിയില്ല നമ്മളിപ്പോ ഏതിപ്പം ഉണ്ടാകുന്നത് കരളാണ് അത് കഴിഞ്ഞാൽ അങ്ങനെ അത് കഴിഞ്ഞാൽ അത് റെസ്വ് പറയാം ഈ നുള്ളിൽ എന്തെല്ലാം വസ്തുക്കളടങ്ങി എന്തെല്ലാം ചേർത്തിട്ടാണ് ഏതെല്ലാം രീതിയിലാണ് ഇതിന്റെ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് അതിന്റെ ഹകൈക്കത്ത് അള്ളാഹുണ്ട് ഇതല്ലേ ഉള്ളിലെ വളച്ചില്ലേ കൈ വളച്ചെല്ലാം ചോദന പിന്നെ അകുന്ന് പറയും ഇന സാരിന്ന് പറയും ഇവിടുന്ന് ഇങ്ങോട്ടാ കഫു എന്ന് പറയുന്നു കപ്പിപ്പുറം പൊട്ടുകഴിഞ്ഞാൽ അസാമി ഉണ്ടാവും ഇത്ര ഗണിയാണ് ഇതിന്റെ ചോറൊന്ന് എത്ര മടക്കാമെന്ന് ഇത് നേരെ ഒറ്റ ഒരു പൊള്ളി പോലെ ഇപ്പൊ എങ്ങനെയാണൊന്ന് പെണ് പിടിച്ചിട്ടൊന്ന് വഴിയാട്ടാൽ അവർ ശിക്ഷന മടക്കണമെന്ന് നടത്താൻ കിട്ടില്ല ഒരു മടക്കങ്ങൾ ശരിയായി മടങ്ങാഞ്ഞാൽ എന്തായിരിക്കും എന്റെ ഹാല് ഒന്ന് ചിന്തിച്ചു വെച്ചോയിൻസുകളാണ് അതും വളരെ അത്ഭുതകരമായ രീതിയിലാണ് ആക്കിയിട്ടുള്ളത് നവാജി മനുഷ്യന്റെ ആ ജാത്തുകളെ ശരിക്കുവിടാനാവശ്യമായ രീതിയിലാണ് സംവിധാനം ചെയ്തത് അതോടൊപ്പം പല എത്തി ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ അതിൽ തന്നെ കളാ ഉൽഹാരം പല ആവശ്യങ്ങൾ നടക്കണം അതോടൊപ്പം തന്നെ ഏറ്റുപാതുകയും വേണം അപ്പൊ തലക്കാർ ആ അള്ളഹു നിസ്മുൽ ജലാലത്തിനെ ഓർക്കാൻ വേണ്ടിയിട്ടുമാണ് തലക്കുരിയല്ലേ ഏറ്റുമാനോളത്തിൽ എന്താണ് അല്ലാ ലിസ്മുൽ ഫൈനൽ അസാദി ഈ വിരളുകൾ എന്നുള്ളത് ജലാലത്തും നിസ്മുൽ ജലാലത്താണിങ്ങനെ ഉത്സവത്തറ അാണ് ലാമാണ് ലാമാണ് ഹാഗാണ് അല്ല അൽസുർ അൽ അലിബൂർ സബ്ബാബുഹാം ചേർത്ത് അൽ ഹ അത് ഹനീയത്തിൽ പറഞ്ഞാണ് വീട്ടല്ലേ എപ്പോഴും അത്ര കേൾ പറയാം വരുന്നുണ്ടല്ലുൽ ഫാഗുദിന്റെ നിന്റെ ജിസ്മാൽ എന്ന ബഹരിൽ ബസ് ചെയ്യപ്പെട്ടിട്ടൊരു ബസ് അഷാറത്തി ഇലൈഹാ അതിനെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലാബിഹു നിന്റെ അഞ്ച് വിരലുകൾ സൂചിപ്പിച്ചിരിക്കുന്നു സമ്പൂർണമായി അത് ജിസ്മാൻ ബഹ്റിനോട് തശ്മി ഹിട്ട് ബഹർ പോലെ തശ്മി ഹാക്കപ്പെട്ട ജിസ്മ ബഹ്റിനോടില് ഒരുപാട് അസറാറുകളും കണക്കില്ലാത്ത കാര്യമുണ്ടല്ലോ അതിലേക്ക് മൊത്തത്തിൽ ഒറ്റ സൂചന ഒരു ഇഷാറത്ത് അഞ്ചു വരലങ്ങളിൽ കൂടി വല്ല അറുജില കഥാലിക്ക കാലിന്മ പ്രകാരം തന്നെ ഇവിടെ അതുതിന്റെ പകലിവിടുണ്ട് സാഖിന്റെ പകലം ഇവിടെ സാഹിതിന്റെ പകലുണ്ട് സാക്ക് ഉണ്ട് പിന്നെ കൈപ്പടത്ത് അസിന് പകരം കാലാണ് കഥങ്ങ് അതിനുണ്ട് ഓരോ ജോലി ഉള്ളു എല്ലുകളെ പടച്ചിട്ടുണ്ട് അതിനെ അള്ളാഹു പൊതിഞ്ഞിരിക്കയാണ് ഇതൊക്കെ ഒട്ടകെ ശരീരം ആയിട്ടുള്ളൂ ഇത് ഊഹാൻ തോന്നത്തില്ലേ ആ വ ലഹമാൻ അള്ളാഹു പൊതിഞ്ഞിരിക്കുന്നു പിന്നെ സുമി അവിടുന്ന് അങ്ങോട്ട് ചീക്ക പിന്നെയാണ് നിന്റെ മോഹൻ ഹേവാൻ മോഹൻലിൻസാനി രണ്ടിൻ രണ്ട് മോഹൻ ഹൈവാനി എന്നുള്ള ഹെറാണ് മോഹൻലിൻസാനി ജൗഹറാണ് ജവഹർ എന്താണ് എവിടെ പണ്ടുമ്പോൾ ചർച്ച ചെയ്ത് കൊയി പോയി പഞ്ഞപ്പോഞ്ചിക്കൂല അതാത് ഇരിക്കേ പറ പ്രവർത്തിക്കണമെങ്കിൽ ബോഹൽ ഹേവാനി ഷർത്താണ് കപ്പൽ ഓടണമെങ്കിൽ പുഴയിലെന്തോണം വെള്ളം എന്താണ് ഇതെടുത്താന്ന് പറഞ്ഞെടുക്കാം അപ്പൊ ജന്മം എടുക്കുന്നതോടൊപ്പം തന്നെ ഉണ്ടെന്ന് നിങ്ങളുടെ ഒരു എന്തുവാന്ന് ഇഷ്ടി പോകുന്നു നാല് മാസത്തിന് ശേഷം റോഹൻ ചില നിങ്ങളുടെ കുർഹാൻ ഉണ്ട് പക്ഷെ ജന്മത്തോടുകൂടി തന്നെ ഉണ്ട് ശാസ്ത്രം ശാസ്ത്രം കുർഹാൻ ഒക്കുന്നില്ല നാം തന്നെ അയ്യോ നിങ്ങൾക്ക് തെറ്റിപ്പോയി നാല് മാസത്തിന് ശേഷം തന്നെ റോഹനാണ് റോഹൻ ഇസ്ലാനി അല്ല റോഹൻ ഇൻസാനി എന്നുള്ള പ്രത്യേക ജന്മത്തോടുകൂടി ഇവന്റെ ബി ജെ പി തന്നെ ഉണ്ട് അടക്കം ചെയ്യപ്പെട്ടുണ്ട് എന്നുള്ള ഒരു ഏതാണ് റൂറൽ ഹാവ് ആന് റൂഹൽ ഹാവ് ആറാം അത് ശരീരത്തിന് കൺട്രോൾ ചെയ്യാനുണ്ട് അതിന്റെ ചെറുത്താണ് ഈ റൂറിൽ ഇൻസാരി വന്നിട്ട് ഈ ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇതാദ്യം ചെയ്യാതിരിക്കണം അതാണ് മെച്ചു അയാൾക്ക് റോഹൻ പ്രവർത്തിക്കാതെന്ന റോഹൻ ഇല്ലാത്തതുകൊണ്ടല്ല റോഹിന്റെ ചൈതന്യല്ല റോഹിന്റെ റോഹിന്റേതായ ഹയക്കും അതിന്റേതായ ചൈതന്തുണ്ട് ഇവിടെ റോഹൻ റോഹൻ ഹയവാനി എന്ന് ചെറുതില്ലാത്തത് കൊണ്ട് അസുഖത്തില്ല അനിശ്ചിതമായിട്ട് കിടപ്പു അതിനുള്ള ഉദാഹരണം തന്നെയാണ് കപ്പലോടുന്നെങ്കിൽ വെള്ളം ചേർത്താൽ അല്ലെങ്കിൽ കലമാർഗം കപ്പലോടുക കപ്പലിന്റെ വരണ്ടായിട്ടല്ല വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോ ശരീരത്തിന്റെ നാടുകരമ്പെല്ലാം അതിൻ്റെതായ കർത്തി പ്രകാരം ആ ബയോളജിക്കൽ രാജ്യം നടത്തണമല്ലോ ജീവശാസ്ത്ര പ്രകാരം അത് റൂഹൽ ഹയവാനിയുടെ തിരിച്ച് വാങ്ങണമെങ്കിൽ അത് ചെറുത്താണ് ഷെർത്തിന്റെ ചെറുത്താണ് അപ്പൊ ഷെർത്തിന്റെ ചെറുത്ത് ഇനി കോട്ടം വരുമ്പോൾ എന്താണോ ആദ്യത്തെ മസൂർ കണ്ടു പോകും മരിക്കലോട് പോലും റോഹൻ നാശമെല്ലാം ഉണ്ടാണ് റോഹൻ ചെറുതി പിരിഞ്ഞു പോവുകയാണ് അത്യൽഭുതകരമായ റത്തീഫത്ത് റബ്ബാനിയാന്ന് പറഞ്ഞത് വാലിഫത്തിന്റെ പറയുവാനി തരീഫ് തരീഫ് എന്ന് പറഞ്ഞ ഹരീഫത്തല്ല പറഞ്ഞത് റസ്മൻ റസ്മുണ്ടാകും റസ്മത് മുണ്ടാന്ന് അതെ നിങ്ങൾ ഇവിടെ അറിയില്ല അബ്ദുൽ റസ്മത്ത് അബ്ദുൽ നാഫീഫണ്ട് റസ്മുൽ നാഖീസുണ്ട് റസ്മേ പറയാനുള്ളൂ എന്താ അത് ലത്തീഫത്ത് റബ്ബാനി യൂസ് ഉണ്ട് ഉദാ ഉറങ്ങിയുള്ള എന്ന് പറഞ്ഞാൽ അല്ലത്തീപ്പത്ത് ഉറമ്പാനില്ല പിന്നെ അതിന്റെ സംസം കുറിക്കും അതുകൊണ്ടാണ് ഇന്ന് പഠിക്കുന്നത് അതുകൊണ്ടാണ് ഓർമ്മ വയ്ക്കുന്നത് അതില്ലെങ്കിൽ നിശ്ചലമായി കിടക്കും അത് തമ്മിൽ വ്യത്യാസം നോക്കും ഇതെല്ലാം അതുകൊണ്ടാണ് അങ്ങനെ ലത്തീഫ എന്ന് പറഞ്ഞാൽ ആ പഞ്ചേന്ദ്രീയങ്ങൾക്ക് അതീതമായി തീരും അല്ല അസീഫിന്റെ വേന പഞ്ചേന്ദ്രീയങ്ങൾക്കും അച്ഛലും അതീതമായ വസ്തുക്കൾ തീപ്പത്ത് നിന്ന് വീഴ്ച റദ്ദാണിയാണ് അതിന്റെ ആദ്യം വിസ്ബത്ത് അല്ലാതെ കളിത്ത് പറയുക ഈ ഭൗതികമായ കാര്യത്തിലേക്കൊന്നും അതിന് താല്പര്യം ഇല്ല അല്ലാതെ എത്രത്തോളം കിട്ടുന്നത് അത് ഒരിക്കലും മനസ്സിലുണ്ടാവില്ല അല്ലാതെ പിന്നെ എത്രത്തോളം അറിയുന്ന അത്ര കണ്ടിട്ട് രോഗിന് ഞാൻ കൂടി വരും ഭൗതികമായ കാര്യമാണ് കൊണ്ടുപോയി ചെയ്യുന്നത് കണ്ട അതിനൊരു ജപ്തിയാണ് ഉണ്ടാവും അതാണ് റബ്ദാണിയാന്ന് വരുവാറുണ്ട് ജനവേദി കൊടുത്താൽ ആദ്യത്തെ പത്തുന്ന അനാണിയും ന്യൂസമീഡിയ ജമീയമായ ഈ സാൻ മനുഷ്യനിൽ അവകാശപ്പെട്ടത് എന്ന് അവകാശിക്കപ്പെടുന്ന കുറെ ഉണ്ടല്ലോ അത് പ്രൊഫഷൻ ആ അവകാശപ്പെടുന്ന ആ ഞാൻ ആരാണോ അത് അന അന പോയി ഏതാ ഞാനി എന്റെ തല എന്റെ തല എന്ന് പറയുമ്പോൾ ഒരു ഞാനും ഒരു തലയില്ല ഇതിട്ടാണ് എന്റെ എന്ന് പറഞ്ഞത് ഇതാണല്ലോത്തേക്കാണ് എന്റെ കണ്ണ് എന്റെ മൂക്ക് എന്റെ ശരീരം ഈ എന്റെ എന്റെ എന്റെ അവകാശപ്പെടുന്ന ഒരു ഞാനുണ്ട് അവിടെ ആ ഞാനാടി അതാണ് ഇത് റൂഹ എന്നുള്ള സാധനം അതിന് വേണ്ടിയുള്ളൂ അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന സാധനം വേറെ വേണം തല ഉടമയായ ഉടമപ്പെട്ട ആ മല്ലൂക്കായ ഇതെല്ലാം സാധനം അന്നേരം ഒരാൾ ഉണ്ടാക്കുന്ന രേ പെണ്ണുരിറ്റ് വന്ന് ഇതാണ് പെണ്ണിന്റെ ടോപ്പ് ഇതാ പെണ്ണിന്റെ നിപ്പ് ഐ വിജീ ശരീരത്തിന്റെ നിലനിൽപ്പ് തന്നെ അതുകൊണ്ടാണ് ശരീരത്തിൽ അത് സഞ്ചരിക്കുന്നതാണ് തറയാനിമായി ആ മതവിന് ഞാൻ ഉപതിരഞ്ഞെടുത്തത് അപ്പൊ തറയാനിയാണ് ശരീരത്തിലുള്ള പ്രവർത്തനം എന്നാ തറയാനിയാണോ തറയാനിയാണോന്ന് വേറൊരു തടയാനി എന്ന് പറഞ്ഞാൽ ചെറു അനുസരിച്ചിട്ട് പ്രത്യേക ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ബാക്കിയെല്ലാം നിയന്ത്രിക്കും ഇപ്പൊ ബസ് ഡ്രൈവറെ നിയന്ത്രിക്കുന്നു കഴിഞ്ഞാൽ തടയാനിയല്ലല്ലോ ബസിന്റെ പാർട്ടിലേക്ക് ഞാൻ അഞ്ചു വന്നിട്ടൊന്നുമില്ല ഒരു പ്രത്യേക കേന്ദ്രം വെച്ചുകൊണ്ട് കൺട്രോൾ ആക്കുന്നില്ല അത് തന്നെ മുത്തത്തിലാന്ന് വെച്ചിട്ട് മുപ്പത്തിലാണെന്ന് വെച്ചിട്ടുണ്ട് ഇപ്പൊ റിമോട്ട് കൺട്രോൾ അതാ ഈ സാധനത്തിൽ ഇത് ടീ ആയിട്ട് സാധ്യമില്ലല്ലോ എന്നാലും കൺട്രോൾ നടത്തുന്നില്ല കമ്പിയില്ല കമ്പി നടത്തുന്നത് അത് മുത്തത്തിലെ ചറയാനിയാണ് അവസരത്തിൽ വാരിലെ കൂടി കണ്ടി കരം കടക്കുമ്പോൾ നടത്താം ആ ചറയാനിയപ്പറം ഉണ്ടിച്ച് നോക്കതാണ് അത് ശരിയത്ത് ചറയാനിയാണ് ആ ചറയാനന്മാർ ചിന്തില്ല പച്ചക്കൊള്ളിയിൽ വെള്ളം നടത്തുന്നില്ല എന്റെ എല്ലാ ഭാഗത്തേക്കും എന്നതുപോലെ അത് ഇങ്ങനത്തെ വെള്ളം കിട്ടുന്നുണ്ടല്ലോ എന്ന പോലെ ചറയാനിയാണ് റോഹിന്റെ പ്രവർത്തനം എന്നാണ് സ്വാഭിനമാനം പറഞ്ഞു കൊടുത്തത് കറയാനി എന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെയാണെങ്കിൽ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഒരു ഭാഗം കേന്ദ്രീകരിക്കണ്ടാവും അത് പറഞ്ഞില്ല രണ്ടാമത്തെ തൊടി പോകുന്നുണ്ട് അവിടെയും പറഞ്ഞില്ല റോഹിനെ പിടിച്ച് റോഹിനെ പിടിച്ച് റോയിൽ തൊണ്ടക്കൂയിലെത്തിയാന്ന് പറയുമ്പോൾ അങ്ങനെയും പിടിച്ചു കൊണ്ടായിരുന്നില്ലേ അപ്പൊ കറയാനി അല്ലേ വേണ്ടുന്ന ഉറവ് ചില ആ പ്രത്യേക കേന്ദ്രത്തിന് മാറ്റി മാറ്റിയും കൃത്യാ മതിയല്ല റോഹിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടാകുന്ന റോഹ് തൊണ്ടക്കൂയിലെത്തി കണ്ണിലെ കൂടി കണ്ണിലെ കൂടി ആ കൊണ്ടാണ് അപ്പോൾ കറിയാനിയാവേണ്ടതെന്നാണ് ായ കഥീന്റെ മുഖണ്ഡം എന്താ നോക്കി കാലു അവർ പറയുന്നു ലൌകാന ആദിത്തൻ നിങ്ങൾ പറയുന്നത് പോലെ ആലം ഹാരിസായിരുന്നുവെങ്കിൽ അതാണ് ചർച്ചയായ കളീന്റെ മുഖന്ദമാണെന്ന് ആ അതിന്റെ സാരി എന്താ പറഞ്ഞത് ലഹത്താതി മോജിബിൻ അവര് മോജിബിലേക്ക് ആവശ്യമുണ്ട് ഇരുഞ്ഞാവും അലമ എങ്ങട്ടെ മോജിബ് ഈ വെപ്പുസുഹോ അതിനെ പ്രത്യേകമാക്കുന്നത് ഈ വെക്കത്തിന് ഹൃദൂസി അതിനെ ഹൃദൂസാകുന്ന ആ പ്രത്യേക സമയമുണ്ടല്ലോ അതിന് നമ്പറും ഡേറ്റും എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ ആ ഇതുവരെ കാര്യം ഈ കൂടാതെ ഈ പ്രത്യേക വക്സ് കൊണ്ട് മാത്രം വസീസാക്കുന്ന മോജിബുമാണ് അതല്ല നോക്കിയിട്ടുണ്ടോ അതിനെല്ലാം അതാവും ആവശ്യം വന്നല്ലേ നാലിക്കൽ മോജിബ് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് هذا هو مجبن لك هذا هو هنا تفسيرات المجبن ليس مجرد صانع صانع مااتر إلا نورورين صانعان الله مااتر إلا كذلك يقولون <مم> إذن لو كفا إلا تن هذا صانع مااتر كافيا في ديانان هذا قد مدنا ليس مجرد صانع <مؤس> إلا صانع مااتر إلا قانيش إلا لو كان لو كفا മാത്രം മതിയാകുമെങ്കിൽ ഇല്ലത്തൻ ഇല്ലത്തായിട്ട് മതിയാകുമെങ്കിൽ അതാ മുഖമുണ്ട് ലതിമാ ലാതിമാകും മുസാബഹത്തു മുസാഹബത്തുൽ മാലൂരി മാലൂര് മുസാഹബത്താകല്ല ഇല്ലത്തിനോട് അപ്പൊ നവംബറിലേക്ക് തോന്നും ഈ സാനി അല്ല ഇല്ല മൂലിബ് അല്ലെ തഞ്ചാണെങ്കിൽ ഈ മൂജിബ് ഇല്ലത്തായിട്ട് മതിയാകുകയാണെങ്കിൽ ഇല്ലത്തും മാലൂരിൽ ബിയാൻ പാടില്ല അപ്പോൾ മാരൂരാകുന്ന ഈ സാധനം ആകുന്ന ഈ ദുഞ്ഞാവിന്റെ ഗുരു എന്താകണം ഇതിനോട് മുസാഹബാത്ത് വാജിബായി തീരുമാനം അപ്പൊ നമ്മ പബ്ലീറ്റിലേക്ക് എത്തുന്നു മാരൂര് എന്താകണം ഈഷത്തിലോട് മുസാഹബാത്ത് പൈൽ സമൂഹം അപ്പൊ നമ്മൾ പറഞ്ഞ കിടമു രാജ്യമായില്ലേ നമ്മൾ അതിനെ നമ്മൾ പറയുന്ന ലത്തായിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ കിടമ നിങ്ങൾ സംബന്ധിക്കേണ്ടോണ്ടായിരുന്നു അതിന് നല്ല അംയ്യന അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ എന്താണോ മുസഅയ്യനായി അന്നൽ മോജിബ അമ്രുൽ നാഹർ അപ്പൊ മോജിബ എന്താക്കണ സാലിയനെ കൂടാതെ വേറെ അമ്രുൽ നാഹറാകണം ആ അമ്രുൽ നാഹർ ഏതാണ് ഫൈമ കൻ അത് മറ്റൊരു കദീമാണോ അല്ല അതിതാണോ മറ്റൊരു കദീമാണ് നോക്കുകയാണെങ്കിൽ പ്രതിമ മസുലൂമനെ നമ്മളെ മസുലൂ അതോടുകൂടി പൂർത്തിയായി കാരണം വാജിബിൽ നിന്ന് ഒരു അക്കലഅബലുണ്ടായി അഖിലബൽ സദീമാണ് ആ അക്കലബലാണ് അളവുണ്ടായിട്ടുണ്ടായി എന്ന് പറഞ്ഞ് അപ്പൊ നവംബറിൽ തിരിച്ചു ആ ഉഹാദിസും അല്ലെങ്കിൽ ആ മറ്റ് അമ്രുൽ നാസ് ഹാദിസാണെങ്കിൽ ഹട്ടാജ് വാലന്റെ മോദിബിൻ അതിന് മറ്റൊരു മോജിബ് വേണം ആ മോജിബ് ഇത് എല്ലാത്തായ് മതിയാവോ ഇത് ചോദിച്ചും ചോദിക്കും അങ്ങനെ കൊണ്ട് തസൽസിലേക്ക് പോകും ഒന്നിക്ക് നമ്മളെ മകത്തിലേക്ക് നിങ്ങൾ അക്കണ അല്ലെ ഡസൽസിൽ ഒരു ഇതുവരെ കൊണ്ടാണത് അതിന് കൊല്ല നമ്മൾ പറയാ ഹു ഈ പറഞ്ഞാണ് ജാകും അത് നിങ്ങളിൽ നിന്ന് വന്നിടുന്നവരിയോ നിങ്ങൾ ആദ്യം ലവ് കഫ ഇല്ലത്തൻ ലസീമ മുസാഹത്തിൻ മാലൂരില്ല പറഞ്ഞു അല്ലെങ്കിൽ ഇല്ലത്തായും സംബന്ധിച്ചിട്ടില്ലല്ലോ അതും തന്നെ എപ്പി ആറ് വളരാടും അവരല്ല അപ്പൊ നിങ്ങളെ വാദം ആദ്യം മുഖബ്ദമായിട്ട് ഇവിടെ കൊണ്ടാന്നിട്ടുണ്ട് ലൗക്കപ്പ ഇല്ലത്തെ നിങ്ങൾ ദലീരായി കൊണ്ടുവരുന്ന ഈ മുഖദ്ദമും താലിയിലും മുഖബ്ദമില്ല നിങ്ങളെ വാദം താക്കി ആളെ കൂട്ടിപ്പിടിച്ചു അതിൽ നിന്നല്ല അതായത് കളിയും അത് നമുക്ക് ഇവിടെ കിട്ടി കിട്ടണം ഇതുപോലെ നിങ്ങൾ മെച്ചാളെല്ലാം വിളിക്കുന്നു മെച്ചാളെല്ലാം വിളിക്കൽ ചെറുക്കായാൽ നിങ്ങൾ മുസ്ലിക്കായില്ലേ അരിശായാലല്ല സമ്മതിച്ചിട്ടില്ലല്ലേ ഇല്ല നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ബാധ കൊണ്ടാണ് നമ്മളെ മുഖപ്പനെ കെട്ടിയിട്ടില്ലേ ആദ്യം തന്നെ ഈ മോജൂര ഈ സാന്നിയായ സാധനം ഇല്ലത്തായിട്ട് മതിയാകുമെങ്കിൽ വാലൂലും ഇല്ലത്തും തമ്മിൽ പിരിയാൻ പാടില്ലാതെ എന്താണോ കയ്യാനെങ്കുമ്പോൾ മോതിരാനെങ്കിൽ ആദ്യമല്ലേ അത് ഇല്ലേ തന്നെ ഇല്ലത്തല്ല എഫ് ഐ ആറോട് ഇഷ്ടമുണ്ടെങ്കിൽ പുഴപ്പം ഇല്ലെങ്കിൽ امن الفي الاختيار يختار بالذات الى عاده منكم والذي هو المرجح في كل حادث ان ما لا حادث مرجح هاي ربنا مخفف اذا الله يختار ويختار هو اللي قرر فينا ده ممكن عاوز انك بقدكم بقدركم بقدروا وربك يخلق ما يشاء ويختار لا يسال عن ما يختارون هذا هو التنزها ആ എഫ് ടി ആറോട് കൂടി പടക്കുന്ന അവനുണ്ടല്ലോ അവന് പരിശുദ്ധനാണ് ആ ജീക്കി തഹസേൽ വി തലയിൽ ഇല്ലത്തെ പ്രകാരം തഹസീല് ചെയ്യാനുള്ള കുടുക്കിന് എത്രത്തോൺ ആ ഓൺ പരിശുദ്ധനാകുന്നു അവരൊരു മതസഭകാരാണ് തബൈൽ ആ തബൈൻറെ കൊടുക്കും അപ്പൊ പഠിച്ചേ വെറ്റു ഇല്ലത്തും തബൈൻ കൊണ്ട് ആ അങ്ങനൊരു പണി നമുക്കിടില്ല ഓൻ എഫ് ടി ആറോ ഇനി നമ്മളെ എഫ് ടി ആർ എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ കഴിക്കുന്നത് അപ്പൊ ഇറാ തീർന്നെടുക്കുന്ന ഒരു ആയ മറുപടി കൊത തീറാകത്തേ റാത്തിയാണ് ഹാരി അല്ല എന്നതുപോലെ അള്ളാഹുരുടെ എഫ് സിയാറും റാഫിയാണ് ലായ ഹറ്റാജി മൂലി ബി അപ്പോ മൂലിബിനെ സാധിച്ച എല്ലാവിധ തലത്തിലും തീർന്നു അഞ്ചുതീർന്നു അത് എളുപ്പം തീരും അസ്താദിത്തത്വവും ആറാമത്തെ ഇഷ്കാൽ ഓരോ അതൊക്കാലു ഓർ അതമുകൊണ്ട് സാദിക്കാടുകയാണെങ്കിൽ ആദിഫാകുമ്പോൾ അനു ലാസിമാണേത് അതുമു സാബിക്കാണോ അപ്പൊ അദമുകൊണ്ട് സാബിക്കാക്കപ്പെട്ടുന്ന ഇത് മസ്ബുക്ക് അതുമു സാബിക് അല്ലെങ്കിൽ എത്തിയത് ലഖാന തീർ അപ്പോൾ സാനി എന്റെ തഹസീറാകും ഇതിലുള്ളത് ി ഒന്നിക്കിൽ അതിമിന്റെ ഹാലത്തിലാണോ വരൂദിന്റെ ഹാലത്തിലാണോ ചോദിക്കും സാനിയെന്റെ തെഹ്സീർ ഈ വസ്തുക്കളിൽ പ്രവർത്തിക്കുന്നത് അതിമിന്റെ ഹാലത്തിലാണോ അല്ല വരൂദിന്റെ ആഴത്തിലാണോ അതിമിന്റെ ഹാലത്തിലാണെങ്കിൽ അതിമിലേക്കെങ്ങനെ തഹസീർ ചെയ്യാം ഒന്ന് വരൂദിന്റെ ആലത്തിലാണെങ്കിൽ പിന്നെ വുരൂലായല്ലോ പിന്നെ അശ്വരന്റെ അച്ഛര് വന്നില്ലേ അതിനാദം തന്നെ തെസീറിന് അർത്ഥം പറ്റീല എത്തിപ്പോയത് തെസീർ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ എന്ന് ഉണ്ടാക്കലാ തെഴുതിയത് ഇതല്ലാണ്ട് ഉള്ള സാധനത്തിൽ മറ്റൊരു തെളിസീർ എടുത്ത് സാധനമില്ല ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കൽ എന്ന ഈജാഡാണ് തെഴുതിയത് ബാഹ് മറ്റെന്നല്ല അരുമിന്റെ ഹാലത്തിലാണോ ബഹുവഭാവത്തിൽ ഉൾക്കാരണം രണ്ടൽ മാധവമായി എരികാലേ ഈ മാധവമായ താതരത്തിന് ഒരു തെളിവീറും വായിലാവുന്നതല്ലാതാണ് ണോ എന്ന ബഹു ബാഅ അതും ബാത്തിലാണ് ചാറ്റിയുടെ ആദ്യ കൊണ്ട് അപ്പൊ രണ്ടാൽ ഒരു മുസ്ലാൻ വരുന്നുണ്ട് അതും താതിരുന്നല്ലേ ഇരുന്ന് സബുക്കുല്ല തീർത്തി അപ്പൊ അതുമൊണ്ട് മസൂദാക്കപ്പെടൽ എന്നതും ബാസിലായി മുഖത്ത് താലി ബാസിലായപ്പോ താലിന് രണ്ട് ചിപ്പും ബാത്തിലും അപ്പൊ മുഖത്ത് ബാത്തിലായി ഇതേ ശുബ കുടിയ കാരണത്താലാണ് കാലത്തിൽ മറ്റു പറയാൻ കാരണം അൽ മാധവു ഷൈ എൻ എന്നോട് പറയേണ്ടി വന്നു മറ്റത്തില്ലാത്ത ആയിട്ടുണ്ട് അത് മാധവമു ഷൈ എൻ എന്ന് പറയേണ്ടത് അനശനത്തിനടുക്കൽ ഏതാണ്ട് ഷൈ എന്ന് പറയണമെങ്കിൽ മോജൂദാണ് മോജൂദിനെ എന്ന് പറയുള്ളൂ മധുവിന് പറയലെന്ന മൊത്തത്തിലേക്കുള്ള വാദത്തിൽ എന്താക്കും മാധവുമെന്ന് പറയുന്നു പിന്നെ ആ ഷെയ്യോട് വളം പോലും എന്താ താൻ ഈ ഉണ്ടാകുന്ന വളം കുഞ്ഞു വേണം കൊണ്ട് ഒറ്റ കേൾക്കുമ്പോൾ എന്താവും അങ്ങനെ ഉണ്ടാവും ആ ഷൈ ആ കിതാബ് കേൾക്കാൻ ആ ചൈതാ മാധവുമാല്ലേ അതുപോലെ വക്കാല മങ്ക അൽ മാഹിയാത്തു ഈ ഫൽസഫക്കാർ ഈ വാദമുണ്ടല്ലോ ഈ വാദത്തിന് മൊത്തത്തിലേക്കൾക്ക് ചെറിയൊരു ഹലി പറ്റിയിട്ടാണ് അതുകൊണ്ട് മാധവമിന് ശൈന്ന് പറയാറ് ആ ശൈനോടാണ് തൃത്തി വർദ്ധിക്കുന്നത് നൂറ് പേർ ഒരു കൂട്ടർ പറഞ്ഞിട്ടാത്തല്ലുണ്ടല്ല ഏത് ഇൻസാൻ വല്ലാതെ ആയപാനുണ്ടാത്തേക്കുന്നുണ്ട് മഹിയത്താന്ന് മറ്റേ മാഹിയത്തെന്ന് ഈ മാഹിയല്ല ഉണ്ടാകാതെ പോയുണ്ടാകാന്നുള്ളത് പിന്നെ അതിന്റെ ഹാരില് വഴുതാക്കാൻ നമ്മൾ അള്ളാണ് തരുത്തിയത് അപ്പൊ അന്നാണെ കൂടെ അത് മാഹിയാത്തല്ല എന്താ ഈ ഒരു കാലക്കൂട്ടി തയ്യാറായിട്ടുണ്ട് എന്ന് ഒരു കൂട്ടുന്നത് അപ്പറീ വാദത്തിന്റെ ഉടലെടുത്തതാണ് മങ്കാര അതുപോലെ പറഞ്ഞാണ് പറഞ്ഞാത്തതും ഇല്ലെന്നാണ് കാലത്തിൽ മൃതലത്തിലുള്ള തെഫ് എന്ത് പറഞ്ഞു അൽ മാഹിയാത്തു ലൈസത്ത് ബിജാരിൻ ഒരു ജാഹിര് ഉടദേശം ഉള്ളവുന്നു ആ ജാറിന്റെ ഉണ്ടാക്കൽ കൊണ്ടല്ല മാഹിയാത്തുണ്ടായത് പിന്നെ വൈകുന്നോറുഹി ആ ഹൈൽ ഇങ്ങനെ കിടക്കാൻ മായിയാത്തല്ല അതിൽ നിന്ന് ഊഹറാക്കാൻ വേണ്ടി പുറത്തേക്ക് എടുക്കേണ്ട പണിയെ ആയിക്കുണ്ടായിട്ടുള്ളൂ മാസ്റ്ററായ അല്ലാക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് വെറു അറിയുന്നത് ഈ രണ്ട് വാദക്കാറും പത്സപ്പക്കാറാ ഈ ബാല കുറ്റി തൂങ്ങിയതാ കൊല്ല ഈ നമ്മൾ പറയുന്നത് നിങ്ങൾ തഹസീർ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് നമ്മൾ പറഞ്ഞെ എന്നതല്ല തഹസീർ എന്ന് പറഞ്ഞാൽ അരുമിന്റെ ആഹാരത്തിലുള്ള തെഹസീർന്ന് മായ രാഹുൽ അതിന് പകരമാക്കി കൊടുക്കില്ലെന്നാണ് ഇപ്പൊ എന്ത് അതിന് അതമുണ്ട് അത് അതമങ്ങ് മാറ്റി മുജൂദിനെ പകരം കൊടുക്കില്ലെന്നു അമ്മിന്റെ അതമെന്ന് പോലും ഇല്ലല്ലോ വേണ്ട അള്ളാദ് ഇറാദിലുണ്ടാവുമല്ലോ അവന്റെ അള്ളാഹ് ഇറാദത്തിൽ ഒരു തസ്വീറാക്കി അതിന്റെ ചോദ്യം പോലെയാണ് ഈ പറഞ്ഞത് ولا استحالة في ذلك عدم لما جاءت وجود لكي تجعلنا جواد المستحيل ودى بلان الله اننا بكي نعنه مستحيلانه بكي نعنه وإلا هذا هو مستحيلانه بكي نعنه استحالة الله وإلا مستحيلانه بل أن مقدم ما عليك وصلت مقدمه تاليه نعنه لذما الله يخرج شيء من عدم لوجود ഏതൊരു സാധനം അതുമല്ലിന് വജൂദിലേക്കൊന്നും പുറത്തു വർത്തിണ്ടാവൂല മുസ്തഹീലാണെങ്കിൽ മുസ്തഖിൽ പുറത്തു വരില്ലല്ലോ ലോകത്തൊരൊക്കെ സാധനം അതുമല്ലിന്ന് വജുദിലേക്ക് വർത്തിണ്ടാവൂല മയതൂമായ സാധനം മോജൂദാകൽ എന്നത് മുസ്തഹിലാവുകയാണെങ്കിൽ ലോകത്തൊരു സാധനം ഇവിടെ മോജൂദാവൂല്ലോ അവിടെ മുസ്തഹീലല്ലാം തിരിഞ്ഞു ഇപ്പൊ ഇല്ലാന്ന് ഇസ്തിഹാലത്ത് ഉണ്ടാവുകയാണെങ്കിൽ എന്ന മുഖം ആ ചുരുക്കി വച്ചിട്ടുണ്ടെങ്കിൽ ശക്തിയായ കഥയിൽ എന്റെ പഠിക്കാനില്ല അത്രത്തോളം മന്തി കൊടുത്ത് ചോദിച്ചു ഭുജൂതിന്റെ ഹാലത്തിൽ തകുസീറെന്ന് പറഞ്ഞല്ലേ ഇത് അത്തര തീറോ ഹാലൽ അത് മീന അത്തീറോ ഹാലൽ ഭുജൂദ് അവസരത്തിൽ തകൃത്തീർ എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് അത് വായന ഹാളിൽ ഇന്താദ്രിക്കൽ ഭുജൂത് ഇതേ ഭുജൂദോട് ഇന്താദ് അത് പിൻവലിക്കാതെയാണ് നിൽക്കലേന്ന് ആദ്യം അതുമില്ല ബുജൂദിനെ കൊണ്ടപ്പോജൂത് കൊടുത്തിട്ടുണ്ടല്ലോ ആ ബുജൂദിനെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കന്ന അങ്ങ് ഇട്ടുകൊടുക്കുക എന്താണ് എന്നല്ല ഇന്ന വയന കഴിഞ്ഞിടത്തോളം കഴിഞ്ഞ് ആ ബുജൂദ് പിൻവലിക്കുന്നില്ല അങ്ങനെ തന്നെ ഇന്താ ചെയ്തോടി അപ്പൊ താസീലോട് ഹാസിലില്ല അൽ ഹാസ് ലാബി മറ്റൊരു കൊണ്ട് ഇന്താ ചെയ്യൽ എന്നല്ല فإنه يجب أن يكون موجودة وموجودة أكثر من أجل النار حتى يلزم تأسير الحاسر أن يكون تأسير الحاسر أعطى دورنا كان حادثا هذا مقدم حادثا يعني لكان الصالح في الأزلي أزلي صالح عند الله الله تعالى وَنَا نَيْلَوَ عَلَى اللَّهِ صالح عند الله سنة الله عند الله صالح عند الله അത് സാനി അല്ലാതെ സാനിയെന്നല്ല പേരുളിക്കപ്പെടൂലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ സാനിയല്ലാതെ വരുവോ സാനി ഇല്ലാതും വരില്ല അല്ലാതും വരൂല്ല നോക്കിപ്പോ ഹാരി ടാവുകയാണെങ്കിൽ സാനി അസനൊരു സാനിയല്ലാണ്ടായില്ല അപ്പൊ എഹിദാ താക്കല് കൊണ്ടാണ് എത്ര ഉലഹോ കൗലവോ സാനി സാനി ആ ഉണ്ടായിത്തീരുന്നു അതിക്കൊട്ട് നമ്മൾ പറഞ്ഞ തന്നെയെന്ന് ഈ കോലുവോന്ന് ഓനുഹോ സാനി എന്നത് ഹിതാസോടുകൂടി ഉണ്ടാക്കിയിരുന്നേന്ന് പറഞ്ഞു അതുകൊണ്ട് സാനി ഇല്ലാൻ എങ്ങനെ വരുന്നു മത്ത കയ്യൂർ ആലേ ഹി മൊഹാലൻ എന്ന ഓണിക്ക് തകയൂറുണ്ടായില്ലേന്ന് അവർ പിടുത്തോ സാധനം സാനി ആലുണ്ടായില്ലേ തകയൂറോന്നില്ലേന്ന് അസനുബസാനി അല്ല ഉണ്ടാക്കലോടുകൂടി സാനി ആവൽ ഉണ്ടായി അപ്പൊ സാനിയല്ലാത്ത സാധനം സാനി ആവല്ലെന്ന് തകയ്യൂറല്ലേ അല്ല ആരല്ല തകയൂർ എന്ന് കേസ് മഹിയായ പഠിച്ചോം തന്നെ അതേ ശയ്യൻ എന്താക്കുന്നു മുമ്മിട്ടാക്കുന്നില്ലേ അത് അഫ് ആലിന്റെ തകയ്യൂർ നമുക്കൊരു പ്രശ്നമുണ്ടിലൂടെ തകയൂർ അള്ളാഹു മഹാലാമെന്നല്ലെങ്കും പറഞ്ഞു അല്ലെ കൊല്ല നമ്മ പറഞ്ഞൂർ അഫ് ആലിൻ അഫ്തഅലിന്റെ തകയൂറാന്ന് അത് മുംതനിയല്ല എന്താണ് അത് മുൻതനിയെ നമ്മാരും പറഞ്ഞിട്ടില്ല ി തകയറില്ലാത്തി അതിന്റെ തകയറ് വരാൻ പാടില്ലെന്ന് ഞമ്മ ആരല്ല തകയർ വരുന്നതിന് ഒരു കുഴപ്പം ഞമ്മമ്പോടെ പറയില്ല അങ്ങനല്ല നമ്മളൊക്കെ പൊക്കി പിടിക്കണ്ടു അതുന്നു ഞമ്മളത്തിന് ഓരോ സാരി തകയിർ പാടില്ല എന്നോട് അവര് തോന്നിയത് ഏതീർ ലാത്തിലും സിഫാത്തും തകയിർ പാടില്ല കുതിരത്ത് ഉണ്ടാകാൻ പാടില്ല അരിതായി മാറാൻ പാടില്ല കമാനുള്ളത് നൊക്കാനാകാൻ പാടില്ല ഒക്കെ അസാരിലുള്ളത് രാവിലുള്ളത് വൈദ്യം മാറുന്നുണ്ടല്ലോ അള്ളാഹു താര സയ്ദിന്റെ മൊഹിയാണിപ്പോ അല്ലെ അവനത് അവധി എത്തിക്കഴിഞ്ഞാലും മോമിത്തായും അറിയില്ലേ അതൊരു താരമൊന്നുമില്ല وريا هي وهوذو ورن साधन سرر العظيم العظيم من اسراره تعالى الله سبحانه وتعالى انت اسرار قطت الجلب دغما هذا ورسران انا يادارت يم انا عارف جبتون ديتا وعليكم السلام ابانا رواه تصو فتحم بطني امك من امنا باجلي ി ശരിക്കാൻ തുടങ്ങിയിരുന്ന സമാചാരമിക്ക അവിടുന്ന് അങ്ങോട്ട് അന്താഹുക്കാരായിക്കൊണ്ടേ ഇരിക്കുകയാണ് നിന്നെക്കുള്ള അമൂസർ ബഹിമായി തൊളിയിക്കുന്നു കാട്ടിലല്ലത്ത നിന്നെ അന്താധുക്കാര കാപ്പുസൂക്ഷിക്കുകയാണ് സ്ഥലങ്ങളിൽ വെച്ച് വളരെയേറെ കുടിശ്ശായ ഒരു സ്ഥലമാണ് ചെറിയൊരു സഞ്ചിനുള്ളി അലിപ്പുള്ളത് ആ പറഞ്ഞു ഇങ്ങനെ അങ്ങനൊന്നുമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ സഞ്ചിനുള്ളി അലപ്പില്ല ആകെ അതിനുള്ളിൽ നിന്നാണ് കേട്ടോ അവിടെ ആക്കുന്നെല്ലാം കണ്ട ആ ചെറുക്ക് അമി ജംലതിലിക്ക ആ സംരക്ഷണത്തിൽപ്പെട്ടതാണ് അഞ്ചന വജക്ക ഇന്ന മുഖത്തിന് ഒന്നാകാൻ ആക്കി ലഹരി ഉമ്മിക്ക ഉമ്മാന ബദൽ നിന്റെത്തഞ്ഞ് ഉമ്മാന്റെ ഭാത്ത ഇങ്ങോട്ടേക്കും അതത്തിന് അടിയാൻ ലാത്ത ഉമ്മ കഴിക്കുന്ന താമശറാബ് കൊണ്ട് നീക്കലും പ്രശ്നം ഉണ്ടാവണ്ടാതെ നിന്നേക്കോട്ടേക്ക് ഇപ്പുറത്തേക്കും ഇങ്ങനെ പോകുന്ന എത്തുന്നു ഇതൊരു മതിക്കണ്ടെന്ന് വെച്ചു അല്ല നഫസാക്കി ഉമ്മിക്ക നിന്റെ ശ്വാസ ശ്വാസം നീക്കുന്നുണ്ടല്ല ഉമ്മാന്റെ മഹറജിലേക്കാ പോകുന്നത് ത്തിലേക്കാണോ മുൻകാസത്തിലേക്കാണോ തുടങ്ങിയത് അത് ഇപ്പൊ തന്നെ സത്യം വന്നാൽ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ശ്വാസം വിടാല്ലോ പണ്ടായ സ്ഥലത്തേക്ക് ശ്വാസം വിട്ട ശ്വാസം തിരിച്ചു ഇങ്ങോട്ട് തരൂല്ലേ ഓഴിഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ പറ്റും പിന്നെ ആ യുവനൊക്കെ അള്ളാഹു സമാഹാരം കൊട്ടാര നിക്ക് എത്തിച്ചേരുന്നു എത്തിക്കുന്നു അച്ച ഭക്ഷണത്തിനെ നമുക്ക് ഐ മീൻസ് ഉറവത്തിക്കാ പൊക്കൽ കൂടിയാകും ബൈലക്കുടിയില അതിനാൽ ഈ കുമ്പത്തിന്റെ അകമേ കുമ്പത്തിക്കകൻ ഈ വൻ മലറി വിഴുങ്ങാനോ ചവക്കാനോ ഒന്നിന് സാധ്യമാകുന്ന അവസ്ഥയിലല്ലോ അവിടെ നേരെ പാകം ചെയ്ത ഭക്ഷണം പൊക്കൽ കൂടുതലേക്കൊക്കെ ഗ്ലൂക്കോസി കൊടുക്കും പോലെ ആസ്വദിക്കണമെന്നില്ല പിന്നെ ശൈൻ പക്ഷെ കാലം നിൽക്കുന്നു അവൾ ചെയ്യുന്നില്ല ഞാനിങ്ങനെ ഭക്ഷണം തരുന്നുണ്ടെന്നോ എനിക്ക് ഭക്ഷണം എത്തുന്നുണ്ടെന്നോ ഞാൻ കേൾക്കുന്നുണ്ടെന്ന വിഷയം നീ അറിയുന്നില്ല ഹട്ടായിര തമ്മ തറുപ്പുറ്റ നിന്റെ ആ പടപ്പത്തരം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അന്തലക്ക അള്ളാഹു താലം നിന്നെ ഉറക്കുകയാണ് ഇങ്ങനെ റണി ആ ഗർഭാശയത്തിൽ നിന്ന് അത് തന്നെ അമിതമേ മഹാൻമേൻ സ്ഥലങ്ങളിൽ നിന്ന് ഗുഡായ ഒരു മാർഗത്തിൽ കൂടിയാണ് ഭൂമിയിലേക്ക് പുറത്തേക്ക് നിൽക്കുന്നത് നിന്റെ ശരീരം ഉൾക്കൊള്ളാൻ മാത്രം വ്യാസം ആ ദ്വാരതയില്ലല്ലോ ഇതാണ് പുറത്തേക്ക് വന്നത് ഇപ്പോ എന്നിട്ട് അള്ളാഹുത്താന നിന്നെ കൊണ്ട് നിൽക്കുന്നത് നീ നീ ഞെരിങ്ങീറ്റി കുടുങ്ങിയിട്ട് അമ്മന്ന് ഒന്നുമ്മാണെ കൊണ്ടല്ലാമെന്ന് എടുത്ത് കേട്ടിട്ടുണ്ട് അപ്പൊ രണ്ടാക്കും ഒരു പ്രയാസമില്ലാന്ന് കണ്ടാവുന്ന ആ ചെറിയ ഒരു വാർത്തയിലെ കൂടി കൊണ്ട് അഭിയഭാവമായ ഒരു മുപ്പതിരെ കൂടി അള്ളാഹുത്താടെ പൊറുട്ടുണ്ട് അങ്ങനെ നീ കുഞ്ഞാവിലേക്ക് വന്നിറങ്ങിയപ്പോൾ അൽഹമക്ക അള്ളാഹുത്താവിനീമാക്കി ലെബി മുൻ നുസൂലി ോട് കൂടി തന്നെ വേറെ ആ സമയം വൈകിട്ടുമില്ല നീക്കാരോ ഊടിത്തന്നിട്ടൂല്ല ജെല്ലി പൊടിപ്പിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോ ക്ലാസ് എടുത്തു കൊടുത്തിട്ടില്ല ഏഹ് നീക്ക് പാൽ എന്നുള്ള സാധനം അതാണ് അൽനമ്മക്ക നിന്നെ ഇൻഹാൻമാക്കി തന്നു ഇല്ല ആ കവി ഉമ്മിക്ക ഉമ്മാന്റെ കവി കൊള്ളേൻ അവിടെയാണ് പാലുള്ളത് കുടിക്കേണ്ട സാധനം അടയെന്നും ആരാ തോന്നി തന്നത് അൽ നമ്മക്ക കൈസിങ്ങത്തൽ മത്സ്യമല്ലിർത്തിന്റെ അതെങ്ങനെയാണ് വലിച്ചെടുക്കേണ്ടതെന്നും അല്ലെങ്കിൽ ഞാൻ കീ പോട്ട് അടുക്കണ്ട ഒന്നാമത്താതെ നീക്ക് പഠിപ്പിച്ചില്ല അങ്ങനെ ആ തതില പാടിനെ അള്ളാഹുത്തറത്തിയിരിക്കുന്നു വാഹല അള്ളാഹുത്തറക്കിക്കൊടുത്തിട്ട് ഈ കൽബിഹ ഉമ്മാന്റെ കൽബിൽ നിന്നോട് പ്രത്യേകമായ റഹസത്തിനെയും കാരുണ്യത്തിനെയും കൃപയും അള്ളാഹുത്താൻ ഇറക്കിക്കൊടുത്തിട്ട് ായിക്കാർ നിന്റെ കാറ്റ മുമ്പ് കാണുന്നത് നിന്ന അഹസനിമാക്കൂനോ കുഞ്ഞാവില്ല മെച്ചപ്പെട്ട സാധനമായിട്ടോ കാണാൻ അതുകൊണ്ട് അവരുടെ പലക്കുന്നു ഏത് കുറേ മൂക്കുമ്പോൾ പോയാക്കാടാണെങ്കിൽ ഇതിൽ പോരാൻ വരാൻ ആളുക ഉമ്മ എന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റൊരാളെ കാര്യം ചെയ്തു ഇതൊരസനായ സാധനം വായിച്ചു എന്നാൽ വൽമിന്നുലഭൂത്താനെങ്കിലും രാപ്പിക്കൊടുത്തതിന്റെ മിന്നത്തായിരിക്കാണ് സീതാലിക്ക അള്ളാഹുത്താലാക്ക് മാത്രമാണ് ആവശ്യത്തിലുള്ള മിന്നത്തുക അമ്മയല്ല ഉത്തരവാദി വലമ്മ ആനഹവാനുള്ള കിരി അങ്ങനെ തെന്നാനുള്ള പ്രായമെത്തിയപ്പോൾ ഉം കലക്കലക്കനത്തിനോ അള്ളാഹസാന നിനക്ക് പല്ലുകളെ ഉണ്ടാക്കി തരുന്നു വല്ല ദുരാ അണപ്പല്ലേ ഉണ്ടാക്കി തരുന്നു അള്ളാഹത്തീബാക്കീപൻ അജീബാൻ അണപ്പല്ലോടിയും മറ്റേ പല്ലൂടെ ആക്കാനൊണ്ടാക്കി ഇവിടെയാണോ പല്ലാക്കി കഴിയും മറ്റേ പല്ലാടിയോന്നെങ്കിലും അതങ്ങോളോട്ട് മാറ്റി ഇവിടുത്തെ സ്വാതന്ത്ര്യ സംഭവം അജീബായ തർത്തീബാണ് ഏതോടൊപ്പം അതിൽ മറ്റൊരു രസാ മഴ മാഫിൻ സീനത്തിന്റെ പൂർണതയുണ്ട് ഭംഗി ജമാലും പൂർണ്ണതയും പല്ലാതെ അവിടെല്ലാം കുഴിഞ്ഞു പിന്നെ വായി അക്ഷരങ്ങളൊന്നും വളിവാകൂല്ലോ എന്തെല്ലാം ആവുമല്ലോ പുതിയ വല്ല പുതിയ അക്ഷരത്തിന് ശൈനിക്കെന്നോ മാറ്റം വരുന്നില്ല പല്ലിനിടയിലേക്കു പോകണ്ട ഈ കാറ്റ് പോകാൻ ഞാൻ അക്ഷരങ്ങൾ മൂടിക്കെടുക്കുമല്ല ശക്തി കുറഞ്ഞതായിട്ടും കുറഞ്ഞ പ്രായത്തിൽ വെച്ച പല്ലാക്കി മാത്രം പായലെന്തോ ആ പായലെല്ലാം അല്ലാതെ തന്നെ കൊഴിച്ച് കളഞ്ഞിട്ട് വാബുന്നാബി അഥവാ ഇപ്പൊ ഉള്ളതിനെ കൂടിയ പല്ലി പകരം കൊടുക്കും പിന്നെ നീ ഒന്ന് ഭക്ഷണം കഴിച്ചാൽ പരം ഉറവ് ഒലിപ്പിക്കുകയാണ് ഈ ശ്രമിക്കാൻ നിന്റെ വായിരി അതിനും ജാരിയെ തന്നെ ഒരു ഒഴുകുന്ന ഒരു ഉറവില്ല ആ വലിയ ദീപം അതിനാണ് ഉമിനീരെന്നു ലാ എങ്കിൽ ചെറിയ അതിന്റെ ഒഴുക്കം ഒരിക്കലും എന്ത് നോക്കില്ലല്ലോ അത് അമിതമായിട്ട് ഒഴുകി വന്നിട്ട് ഇങ്ങനെ തുപ്പിക്കൊടുക്കാനും അതുമാകലില്ല ഭക്ഷണം കിട്ടുകഴിഞ്ഞിട്ട് പോരായ്മ വന്നിട്ട് ഭക്ഷണം കട്ട പിടിച്ചിട്ട് അല്ല നോക്കും അതുമില്ല അതിന്റെ പാകം പോലെ ആവശ്യമില്ലാണ്ട് മട കണ്ടോളാക്കുന്നു ഇല്ല അവസരത്തിന് ഓണം വെക്കുകയും നീ തന്നിട്ടുണ്ടെങ്കിൽ മായാമ തൈക്കൊരു നീ എത്തിയാത്തുനിന്ന് അത്രത്തോളം അതിനെ ഉരുക്കിൽ യാതൊരു ഉറക്കമില്ല അതെന്തിനാണിയോ ഈ തമിഴ്നെല്ലാം കുമത്തു ബിഹാർ അതുകൊണ്ട് നീ കഴിക്കുന്ന പുതിയ ആഹാരം ഉണ്ടല്ലോ അത് നനക്കാൻ വേണ്ടിട്ട് പൈസ നനച്ച നല്ല പാക്കിയിട്ടുണ്ട് പോട്ട് ഇറക്കാൻ ആ വെഴുങ്ങലും പൊടി പൊടി ആ രീതിയിലൊക്കെ ഉഴ്ഹ അതോടൊപ്പം പിടിക്കില്ലേ മുകളില പിന്ന ലാ തമൻ ലുഹ എന്നാൽ യമിനീരനെ മടുക്കുന്നില്ല മടുക്കുന്നതിനുള്ളിൽ ആവുകയാതൊരു മടുക്കൂലല്ല വല തനിവാ കാലാകാലമൊഴുകി തിന്നൊഴുകിപ്പോ അതുമില്ല വല തങ്കോ ആവശ്യത്തിനാവാം അത് മുടങ്ങൊന്നുമില്ല അപ്പോ വേറെ കരക്റ്റ് ഒരാളെന്ന് മോശം ഉൾക്കൊണ്ടു തരിക ഈ അജീബായ്മേക്ക് മാത്രം ചിന്തിച്ചാ തന്നെ മണ്ണി അല്ലാതെ അല്ല തീ എങ്ങനെ ഹത്താണ് അന്ത വായ്പ ഇതിലേക്ക് എനിക്ക് വളരെയധികം ആവശ്യമുള്ളതാണെന്നല്ല യു ജീരുന്ന സാധനം അതുകൊണ്ടാണല്ലോ മുതിർത്തി മുതിർത്തിന്റെ അജത്തിലേക്ക് തുപ്പിക്കാൻ മണ്ണെന്ന് അത്ര ആവശ്യമുള്ളൊരു അവശ്യവസ്ഥ അതുകൊണ്ടാണ് നജാസത്ത് മൂത്രം ഒഴുകിട്ട് പുറത്തു വരേണ്ട സാധനം നിസർജ വസ്തുക്കൾ ലഭിക്കാൻ വാള്ള മൂത്രത്തിൽ തുടരുന്നില്ല വലയിൽ തീയെ കൊതിറത്തിക്ക നിന്നെ കഴിവിൽപ്പെട്ടതല്ല ഇതുരാഹ അതിനെ ഒഴുക്കി പുറപ്പെടിക്കലോ വല അത് വേണ്ട നോക്കാൻ എനിക്ക് എന്തേലും സാധിക്കൂല ആ മീൻ നുറു അത് പറഞ്ഞിരിക്കണമെന്നില്ല തന്നെ നമുക്കുണ്ടാക്കാൻ കഴിയൂലെന്നുള്ളതും തടയാൻ കഴിയില്ലാന്നുള്ളതും പറഞ്ഞറിയിക്കേണ്ടല്ലോ റൂട്ടം പറഞ്ഞ കാര്യം അങ്ങനെ തഹാമും ഷറാബും മറന്നിക്കഴിഞ്ഞാൽ പിന്മാലത്തിയാമാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ തിരിക്കുകയാണ് ഇലാമാവോ അവൻ വേണ്ടുവെച്ച പലതിലേക്കും അതിനെ തിരിച്ചുവിടുന്നു കെട്ട ചിലതുണ്ടല്ലോ എത്രമോ അതുകൊണ്ട് മാംസമാണ് അതുകൊണ്ട് വളർന്നുണ്ടാകുന്നത് മാംസത്തിന് പരിവക്ഷിപ്പിക്കാൻ രോഹിണി എത്ര പാമിഹി ലഹമോ ചിലത് എല്ലി വളരെ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നു ബബാലുഹു എത്രഹമോ ചിലത് കൊണ്ട് കൊഴുപ്പുണ്ടല്ലോ ആ അത് വളർന്ന് തറമ്പാനാണ് മീന്തോ ചിലത്ോരണ്ടാക്കാൻ മടിച്ചാണ് ഉപയോഗപ്പെടുത്തിയത് ഇങ്ങനെ പല ഇനങ്ങളാകും